പ്രിയപ്പെട്ടവരെ നമ്മൾ വെള്ളിയാഴ്ച കൂടുമ്പോൾ ഇസ്രായേലിലെ ചില താഴ്വരകളെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ചില താഴ്വരകളെ ചിന്തിച്ചു വരികയായിരുന്നല്ലോ നമുക്കിന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു താഴ്വരയെ ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ സോതോൻ രാജാവ് രാജ താഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ രാജ താഴ്വര ശാവേ അവിടെ അബ്രഹാമിനെ എതിരേറ്റ് ഒരു ജാതീയ രാജാവായ സോതോൻ രാജാവ് ചെല്ലുകയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ നമുക്കാദ്യം ഇതിൻ്റെ പശ്ചാത്തലം നോക്കാം എന്നിട്ട് അതിൻ്റെ ഒരു ആത്മീയമായി നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത നമുക്ക് രണ്ടാമതായിട്ട് നോക്കാം അതിൻ്റെ ചരിത്രപരമായ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് സോതോമിലെ ഒരു ജാതീയ രാജാവ് ദൈവത്തിൻ്റെ ഭൃത്യനായ അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലാൻ കാരണം എന്താണ് ഈ ശാവേ താഴ്വര എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നത് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാർക്കെതിരെ ഒരു യുദ്ധം നടത്തുന്നതാണ് ഇതിൽ അഞ്ച് രാജാക്കന്മാരുടെ കൂട്ടുകെട്ടിലാണ് സോതോൻ രാജാവായിരിക്കുന്നത് സോതോൻ രാജാവ് ഉൾപ്പെടെ നാല് രാജാക്കന്മാർ ഒരു വശത്തും നാല് രാജാക്കന്മാർ മറുവശത്തുമായി നിന്ന് ചുരുക്കത്തിൽ അതിൻ്റെ പതിനാലിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാർക്ക് നേരെ യുദ്ധം നടത്തുന്നതാണ് അവിടെ വിവരിക്കുന്നത് ആ യുദ്ധം നടക്കുന്നതും ഒരു താഴ്വരയിലാണ് മൂന്നാമത്തെ വാക്യം നോക്കുക അവിടെ പതിനാലിൻ്റെ മൂന്ന് ഇവരെല്ലാവരും സിദ്ധിയും താഴ്വരയിൽ ഒന്നിച്ചു കൂടി പിന്നീട് ഈ സിദ്ധിയും താഴ്വര ഉപ്പുകടലായി മാറി സോതോങ് ഗോമോറ ആ നിലയിലെ ചാവുകടലായി മാറിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിദ്ധിയും താഴ്വരയും അങ്ങനെ ഉപ്പുകടലായിട്ട് മാറി എട്ടാം വാക്യത്തിലും സിദ്ധിയും താഴ്വരയിൽ വെച്ചാണ് നാല് രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ യുദ്ധം ചെയ്യുന്നത് ഈ അഞ്ച് രാജാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു സോതോൻ രാജാവ് ഈ സോതോൻ രാജാവ് ഉൾപ്പെടുന്ന അഞ്ച് രാജാക്കന്മാർ യുദ്ധത്തിൽ തോറ്റു തോറ്റപ്പോൾ നാല് രാജാക്കന്മാരടങ്ങുന്ന ആദ്യത്തെ സംഘം ഈ അഞ്ച് രാജാക്കന്മാരുടെ സമ്പത്തും സ്വത്തുക്കളും എല്ലാം അവഹരിച്ച് അവരുടെ ആളുകളെയും പിടിച്ചുകൊണ്ട് അവരെയും അടിമകളാക്കി അവരുടെ നാട്ടിലേക്ക് അവര് യാത്ര തുടർന്നു ഒരു ജൈത്രയാത്ര ആരംഭിച്ചു ഈ കാര്യം അന്ന് കനാൻ നാട്ടില് ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്ന അബ്രഹാമിൻ്റെ ചെവിയിലെത്തി അബ്രഹാം ഇത് കേട്ടപ്പോൾ അബ്രഹാം ആകെ ഉത്കണ്ഠാഭരിതനായിപ്പോയി കാരണം ഈ സോതോമിലാണ് തൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഇപ്പോൾ താമസിക്കുന്നത് ലോത്ത് നമുക്കറിയാവുന്നത് പോലെ അബ്രഹാമിൻ്റെ സഹോദരൻ ഹാരാൻ്റെ മകനാണ് ഹാരാൻ നേരത്തെ മരിച്ചു പോയത് കൊണ്ട് ഈ സഹോദരപുത്രനായ ലോത്തിനെ മക്കളില്ലാത്ത അബ്രഹാം ഏകദേശം ഒരു മകനെ പോലെ തന്നെ കരുതി ലോത്തിനെയും കുടുംബത്തെയും തൻ്റെ കൂടെ കൊണ്ട് ചരിത്രമൊക്കെ നമുക്ക് നേരത്തെ നമുക്ക് ഉള്ള അധ്യായങ്ങളിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും എന്നാൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ വന്നപ്പം ഈ ലോത്തും കുടുംബവും എന്തു ചെയ്തു അവർ കൂടുതൽ നീരോട്ടമുള്ള സ്ഥലം നോക്കി യഹോവിയുടെ തോട്ടം പോലെയുള്ള സോതോമിനെ കണ്ട് പതിമൂന്നിൻ്റെ പത്താമത്തെ വാക്യം ഇതെല്ലാം നോക്കി ഭൗതികമായ ചില നേട്ടങ്ങൾ നോക്കി ലോത്ത് എന്ത് ചെയ്തു അബ്രഹാമിനെ വിട്ട് ഈ സോതോമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അന്ന് സോതോം വളരെ നീരോട്ടമുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ യഹോവിയുടെ തോട്ടം പോലെ ഏതൻ പോലെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് സോതോമിനെ അവിടെ പറയുന്ന പതിമൂന്നാമത്തെ അധ്യായ ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പത്താമത്തെ വാക്യം നോക്കുക അപ്പോൾ അങ്ങനെ നീരോട്ടമുള്ള സ്ഥലം നോക്കി സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാവുന്ന സ്ഥലം നോക്കി ലോത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ലോത്ത് സോതോമിലേക്ക് പോയി സോതോമിൽ സന്തോഷമായിട്ട് വലിയ ധനികനായിട്ട് അവിടെ പാർക്കുകയാണ് അതിനിടയിലാണ് ഈ സോതോൻ രാജാവ് യുദ്ധത്തിൽ തോറ്റതും സോതോൻ രാജാവിൻ്റെ സമ്പത്തുകൾ മറ്റ് നാല് രാജാക്കന്മാർ കൊള്ളയടിച്ച് ആളുകളെയും പിടിച്ചുകൊണ്ട് പോയത് ആ രാജാക്കന്മാർ കൊള്ളയടിച്ച് ആളുകളെയും പിടിച്ചുകൊണ്ട് പോയപ്പോൾ സോതോമിലുണ്ടായിരുന്ന മഹാധനികനായ ലോത്തിനെയും അവൻ്റെ ആളുകളെയും അവൻ്റെ സമ്പത്തിനെയും കൂടെ അവർ അപഹരിച്ചു കൊണ്ടുപോയി ഈ കാര്യം ആര് കേട്ടു ഈ കാര്യം അബ്രഹാം കേട്ടു അബ്രഹാം ഖനാനിൽ വേറൊരു ഭാഗത്ത് കൂടാരവാസിയായിട്ട് ഈ താന് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യമനുസരിച്ച് താൻ ഒരു കൂടാരവാസിയായിട്ട് താൻ കഴിയുകയാണ് ഹെബ്രോണിലെ മമ്മറയുടെ തോപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പോഴാം താമസിക്കുന്നത് പതിമൂന്നിന്റെ പതിനെട്ടാം വാവാ വാക്യം അവിടെ വെച്ച് അബ്രഹാം ഈ കാര്യം കേട്ടപ്പോൾ തൻ്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനെ എങ്ങനെയെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നാഗ്രഹിച്ച് അബ്രഹാം തൻ്റെ കൂടുള്ള മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ നാല് രാജാക്കന്മാരുടെ പിന്നാലെ പോയി എന്നിട്ടെന്ത് ചെയ്തു ഈ നാല് രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു അവർ കൊണ്ടുപോയിരുന്ന സോതോമിലെ സ്വത്തുക്കൾ മുഴുവൻ തിരികെ പിടിച്ച് ആ സ്വത്തുക്കളും ആളുകളും ഒക്കെയായിട്ട് ലോത്തും കുടുംബവും എല്ലാമായിട്ട് സോതോൻ രാജാവിൻ്റെ ആളുകളെയും അവൻ്റെ സമ്പത്തിനെയും എല്ലാമായിട്ട് അബ്രഹാം മടങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഷാവേ താഴ്വര രാജ താഴ്വര നമുക്ക് പലസ്തീൻ്റെ ചരിത്ര അതിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പലസ്തീനിലെ യഹൂദിയ യഹൂദിയ പ്രവിശ്യയിൽ യരിശലേമിന് അടുത്തായിട്ട് താരതമ്യേനെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു താഴ്വരയാണ് ഈ രാജ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വര ഈ ഷാവേ താഴ്വരയിൽ അബ്രഹാം എത്തിയപ്പോൾ ഇതാ സോതോൻ രാജാവ് തന്നെ അവനെ എതിരേറ്റ് ചെല്ലുന്നു സോധോൻ രാജാവിനെ മറ്റു രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയില്ല അവൻ രക്ഷപ്പെട്ട് അവൻ ഒളിവില് നിൽക്കുകയായിരുന്നു അവൻ ഈ കാര്യം അറിഞ്ഞു തൻ്റെ സമ്പത്തും ആയിട്ട് ഇതാ അബ്രഹാം എന്നൊരാൾ വരുന്നു അത് കണ്ടുകൊണ്ട് അത് കേട്ടിട്ട് സോധോൻ രാജാവ് ഷാഫേ താഴ്വരയിൽ അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുന്നു അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുന്ന സോദോൻ രാജാവ് ഒരു കാര്യമാണ് അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാമേ നീ എൻ്റെ സ്വത്തുക്കളും എൻ്റെ ആളുകളെയും തിരിച്ചു പിടിച്ചു നന്നായി നീ ഒരു കാര്യം ചെയ്താട്ട അതിൻ്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തു എൻ്റെ ആളുകളെ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നു ഉടനെ അബ്രഹാമിൻ്റെ നിലപാടെന്താ അബ്രഹാം പറയുന്നു ഞാന് നിൻ്റെ ഒരു ചരടാകട്ടെ ചെരുപ്പവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് യാതൊന്നും ഞാൻ എടുക്കുകയില്ല നിൻ്റെ സമ്പത്ത് മുഴുവൻ നിൻ്റെ ആളുകളും നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പത്തും സോതോൻ രാജാവിൻ്റെ ജാതീയ രാജാവിൻ്റെ സമ്പത്തും അവൻ്റെ ആളുകളെയും എല്ലാം അവനെ തിരിച്ചേൽപ്പിച്ച് ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഒരു ദാസനെ പോലെ ഈ പണത്തിലോ ദ്രവ്യത്തിലോ താൽപ്പര്യമില്ലാത്തവനായിട്ട് അബ്രഹാം നിൽക്കുന്നു അതാണ് ശാവേ താഴ്വര നമുക്ക് നൽകുന്ന ഒരു സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണല്ലോ ശാവേ താഴ്വരയെ പറയുന്നത് പതിനെട്ട് മുതൽ പതിനെട്ട് മുതല് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ടു വാക്യങ്ങളിൽ ഇതിനിടയില് അബ്രഹാമിന്റെ അടുത്തേക്ക് ദൈവം ഒരാളെ വിടുന്നു അതാരാണ് രണ്ടു വാക്യങ്ങളിൽ മാത്രം നമ്മൾ കാണുന്ന മൽക്കി സദീഖ് രാജാവായ മൽക്കി അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്നറിയപ്പെടുന്ന ശാലേൻ രാജാവായ മൽക്കി ദൈവം ഇതിനിടെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് വിടുന്നു ഈ മൽക്കീ സദേഖിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ എന്നാൽ അവനെ കർത്താവായി യേശു താരതമ്യം ചെയ്ത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഇബ്രഹർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിൽ ഈ മൽക്കീ സദക്കിനെ ഒരു നിഴലായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ നൂറ്റി പത്താം സങ്കീർത്തനം നാലാമത്തെ വാക്യത്തിലും ഈ മൽക്കീ പരാമർശം നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ വളരെ രണ്ടോ മൂന്നോ വാക്യത്തിൽ മാത്രം പറയുന്ന ഈ മൽഖി സദീഖ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളാണ് അങ്ങനെയുള്ള മൽക്കീ ദൈവം എന്തു ചെയ്യുന്നു ഈ അബ്രഹാമിൻ്റെ അടുത്തേക്ക് അയക്കുന്നു എന്തിനാണ് ദൈവം ആ സമയത്ത് മൽഖി അങ്ങോട്ട് അയച്ചത് തീർച്ചയായിട്ടും ഈ സോതോൻ രാജാവിനോട് ഒരു ദൈവമനുഷ്യനെ പോലെ ഇടപെടാൻ അബ്രഹാമിനെ ശക്തനാക്കാൻ വേണ്ടിയാണ് ദൈവം മൽക്കി സദേഖിനെ ഈ ഇടവേളയിൽ അബ്രഹാമിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലെ ഈ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ ആ കാര്യം മനസ്സിലാകും ഈ മൽക്കി വന്ന് അബ്രഹാമിനോട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അബ്രഹാമിനോട് പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളും അബ്രഹാമിന് പിന്നീട് സോതോൻ രാജാവുമായിട്ട് സംസാരിക്കുമ്പോൾ അവനോടൊരു ദൈവമകനെ പോലെ തന്നെ പെരുമാറാൻ അബ്രഹാമിനെ സഹായിച്ച രണ്ട് സന്ദേശങ്ങളാണ് മൽഖി സദീഖ് രണ്ടു വാക്യങ്ങളിലായിട്ട് അബ്രഹാമിന് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഷാവെ താഴ്വര എന്തിനെ പ്രതിദാനം ചെയ്യുന്നു രാജ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു അബ്രഹാം ദ്രവ്യത്തെക്കാൾ ഉപരി സമ്പത്തിനേക്കാൾ ഉപരി ഈ ലോകത്തിന്റെ നേട്ടങ്ങളെക്കാൾ ഉപരി ഈ ലോകത്തിലെ കാണുന്ന ധനമാനങ്ങളെക്കാൾ ഉപരി ഞാന് ദൈവത്തോട് അത്യുന്നതനായ ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞ് ദ്രവ്യത്തിനെതിരെ ഒരു നിലപാടെടുക്കുന്നതിനെ കാണിക്കുന്നു അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവനെ ശക്തനാക്കാൻ ദൈവം തക്ക സമയത്ത് മൽക്കീ സദേക്കിനെ അവൻ്റെ അടുത്തേക്ക് അയക്കുകയും അബ്രഹാമുമായിട്ട് സംസാരിക്കുകയും തുടർന്ന് അബ്രഹാം സോതോൻ രാജാവിനോട് വളരെ ഔദാര്യപൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളെ ശാവേത്താഴ്വരയിലെ കാണുന്നത് പ്രിയപ്പെട്ടവരെ മൽക്കീസക്ക് അബ്രഹാമിന് നൽകിയ രണ്ട് ആശംസകളാണ് രണ്ട് സന്ദേശങ്ങളാണ് നമ്മൾ അതിൻ്റെ പതിന പത്തൊൻപതാമത്തെ വാക്യം പതിനാലിൻ്റെ ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പത്തൊൻപതിൽ മൽക്കീസൊന്നാമത് പറയുന്നത് സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ കണ്ടോ ഇവിടെ ദൈവത്തെ മൽക്കീസതയ്ക്ക് വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം അബ്രഹാമിന് തീർച്ചയായിട്ടും ദൈവത്തെ ഈ നിലയിൽ അറിയാം എങ്കിലും ഈ നിർണായകമായ സമയത്ത് ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ സ്വത്തുക്കൾക്കെതിരെ സമ്പത്തിനെതിരെ ഒരു നിലപാടെടുക്കാൻ മൽക്കീസതയ്ക്ക് അബ്രഹാമിൻ്റെ കണ്ണുകളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാവാം അബ്രഹാമിന് പിന്നീട് സോതോം രാജാവിനോട് ഇന്നിൻ്റെ സമ്പത്തുകൾ ഒന്നും എനിക്ക് വേണ്ട കാരണം ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നൊരു നിലപാടെടുക്കാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് ഈ ഒരു ആശംസയാകാം ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല കാരണം അതിൻ്റെ ഇരുപത്തി വാക്യം നോക്കുക ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് അവിടെ സോതോൻ രാജാവിനോട് അബ്രഹാം സംസാരിക്കുകയാണ് ഞാൻ നിനക്കുള്ള ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ ഇതൊന്നും ഞാൻ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായി ഹോവെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു കണ്ടോ അവിടെ അബ്രഹാം സോതോൻ രാജാവിനോട് ഉപയോഗിക്കുന്ന ആ വാക്കുകൾ നമ്മൾ നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഉവ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് മൽക്കി വാക്കുകളായിട്ട് ഉൽപ്പത്തി പുസ്തകം പതിനാലിന്റെ പത്തൊൻപതിലാണ് സ്വർഗത്തിന് ഭൂമിക്കുന്നാഥനായി അത്യുന്നതനായ ദൈവം അപ്പോൾ മൽക്കി സദേഖ് നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ അബ്രഹാമിൻ്റെ മനസ്സിൽ കിടന്നു അതേ പദപ്രയോഗങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ സോതൻ സംസാരിക്കുമ്പോൾ അബ്രഹാം നിന്ന് മൽക്കി ആ ആശംസ ആ അവന്റെ ആ വാക്കുകൾ അബ്രഹാമിനെ വലിയ നിലയിൽ സ്വാധീനിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത് മൽക്കീസദേ പറയുന്നത് എന്താ അതിന്റെ ഇരുപതാമത്തെ വാക്യം രണ്ടാമത് പറയുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ ഇവിടെ ഏർ മൽക്കീ സദേഖിന്റെ നൽകുന്ന സന്ദേശം എന്താണ് ആ സന്ദേശത്തെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അബ്രഹാമെ നീ ഒരു ചിന്തിക്കുന്നുണ്ടാവും നിന്റെ കൈക്കരുത്തുകൊണ്ട് നിന്റെ മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുടെ അഭ്യാസപാഠവും കൊണ്ട് ഓക്കെ ഈ നാല് രാജാക്കന്മാരെ എനിക്ക് തോൽപ്പിക്കാനെത്തും സോതോൻ രാജാവ് ഉൾപ്പെടെ അഞ്ച് രാജാക്കന്മാർ നോക്കിയിട്ട് തോൽപ്പിക്കാൻ ഒക്കാഞ്ഞ ഈ നാല് രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ നിന്ന് സമ്പത്തും ആളുകളെയും പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഞാൻ എത്ര വലിയ യുദ്ധവീരനാണ് എന്നൊരു നിഗളം എന്ന് ഹൃദയത്തിൽ ഒരു സ്വയപ്രശംസ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യതക്കെതിരെയാണ് മൽക്കി സദീഖ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ വിരൽ മൽക്കീസവിടെ പറയുന്നത് അബ്രഹാമെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത്യുന്നതനായ ദൈവം തന്നെയാണ് കണ്ടോ നമ്മളെ മൽക്കീസദേക് ഒരു ചെറിയ രംഗത്ത് മാത്രമാണ് നിൽക്കുന്നത് പക്ഷെ ആ ചെറിയ രംഗത്ത് താൻ പറഞ്ഞ രണ്ട് ആശംസകളും അബ്രഹാമിനെ സ്വാധീനിച്ചു അതിന്റെ ഫലമായിട്ട് അബ്രഹാം ഈ ദ്രവ്യത്തില് താല്പര്യമില്ലാത്തവനായിട്ട് നിന്നു സ്വയപ്രശംസയിലെ സ്വയനികളത്തിൽ നിൽക്കാതെ സോതോം രാജാവിനോടോ താഴ്മയോടെ വിനയത്തോടെ പെരുമാറാൻ ഇടയാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഷാവേ താഴ്വര നമുക്ക് നൽകുന്ന സന്ദേശം ഈ ഒരു കാര്യമാണ് ഇവിടെ തന്നെ നമുക്ക് ഈ ഷാവേ താഴ്വര പിന്നീട് ചരിത്രത്തിൽ ഒരിടത്തൂടെ നമുക്ക് കാണാൻ കഴിയും രണ്ട് ഷമുകൾ പതിനെട്ടിൻ്റെ പതിനെട്ടിലാണ് രണ്ട് ഷമുകൾ പതിനെട്ടിൻ്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്ന അബ്ശാലു രാജകുമാരൻ ദാവീദിൻ്റെ മകനായ അബ്ഷാലും ീ രാജ താഴ്വരയിൽ തനിക്ക് മക്കളില്ല തൻ്റെ പേര് നിലനിർത്താൻ താൻ തന്നെ തൻ്റെ ഒരു ജ്ഞാപക സ്തൂപം അവിടെ സ്ഥാപിക്കുന്നു അതാണ് നമ്മൾ രണ്ട് ചമൂഹയിൽ പതിനെട്ടിൻ്റെ പതിനെട്ടിൽ നമ്മൾ കാണുന്നത് ഈ രാജ കൊണ്ടുവന്നാണ് ആ നിലയിൽ ആ സ്തൂപവും ആ ജ്ഞാപക സ്തംഭവും ഒക്കെ സ്ഥാപിക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും കണ്ടോ ഈ അബ്ശാലുമാരാണ് അബ്ശാലോ ദാവീദിൻ്റെ ഏറ്റവും സുന്ദരനായ മകനാണ് ഇവിടെ രണ്ട് ശമുൽ പതിനെട്ടിന്റെ അബ്ശാലോം പറയുന്നു എൻ്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറയുന്നു അതുകൊണ്ട് രാജാവിൻ താഴ്വരയിലെ തോണെടുത്ത് നാട്ടി അതിന് തൻ്റെ തന്നെ പേര് വിളിച്ചു അത് ഇന്ന് വരെ അബ്ശാലോവിൻ്റെ എന്ന് പറഞ്ഞു വരുന്നു അപ്പൊ ഈ ഞാപകസ്തംഭം അബ്ശാലോമിൻ്റെ ഞാപകസ്തംഭമെന്നറിയപ്പെടുന്ന ഈ ഈ കാര്യം ഇത് അബ്ശാലോം തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഇത് അബ്ശാലോമിൻ്റെ സ്വയത്തിൻ്റെ ഒരു ആ നിലയിലുള്ള ഒരു പ്രദർശനമാണ് എല്ലാവരും എന്നെ അറിയണം എല്ലാവരുടെയും മുമ്പാകെ എൻ്റെ പേര് നിലനിൽക്കണം ഞാൻ വലിയ ഒരാളാണ് എന്നൊക്കെയുള്ള അവൻ്റെ സ്വയപ്രശംസയുടെ ഒരു സ്തൂപം പോലെയാണ് ഈ ഞാപകസ്തംഭം ഈ രാജാവിൻ താഴ്വരയിൽ നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ നോക്കുമ്പം രണ്ട് ചുമൽ പതിനാലിൻ്റെ പതിനെട്ടിൻ്റെ പതിനെട്ടിൽ എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവശാലും ഇവിടെ തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി ഒരു ഞാപകസ്തംഭം സ്ഥാപിക്കുന്നത് എന്നാൽ രണ്ട് ചമുവിൽ പതിനാലിൻ്റെ ഇരുപത്തേഴ് നമ്മൾ വായിക്കുമ്പോൾ പതിനാലിൻ്റെ ഇരുപത്തേഴ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും അബ്ശാലോങ്ങിന് മൂന്ന് പുത്രന്മാരും ഒരു മകളും ഉണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ പിന്നെ ഈ മൂന്ന് പുത്രന്മാരെ പറ്റി ഈ മൂന്ന് പുത്രന്മാർ ഒരു യുദ്ധത്തിലോ മറ്റോ കൊല്ലപ്പെട്ടിരിക്കും ഇവിടെ പതിനെട്ടിൻ്റെ പതിനെട്ടിൽ തന്നെ ഞാപകസ്തംഭം സ്ഥാപിക്കുന്ന സമയത്ത് തനിക്ക് പുത്രന്മാരില്ല പുത്രന്മാരില്ല അതുകൊണ്ട് ആവാം അബ്ശാലോം അവിടെ എനിക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം പേര് നിലനിർത്താൻ മറ്റൊരു വഴിയും കാണാഞ്ഞ് അവിടെ ഒരു ഞാപക സ്തംഭം സ്ഥാപിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കണം ഈ അബ്ശാലോം ഒരു സ്വയപ്രശംസക്കാരനാണ് അതിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്താറോ വാക്യങ്ങൾ നോക്കുക അവൻ വളരെ സുന്ദരനാണ് അവൻ്റെ സൗന്ദര്യത്തിൽ അവന് വലിയ പ്രശംസയുണ്ടായിരുന്നു അവൻ്റെ തലമുടി അവൻ്റെ ഒരു പ്രശംസയായിരുന്നു ഒടുവിൽ അതേ തലമുടി തന്നെയാണ് അവൻ്റെ മരണത്തിനിടയാക്കിയതും എന്ന് നമുക്ക് കാണാൻ കഴിയും പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ തലമുടി ഒരു കരുവേലകത്തിന് കീഴിൽ പിടിവിട്ട് അവന് ആകാശത്തിനും ഭൂമിക്കും കീഴേ തൂങ്ങിക്കിടന്നു കോവർ കഴുത അവന് ഇരു അവൻ ഇരുന്നിരുന്ന കോവർ കഴുത ആ ഓടിപ്പോയി അവൻ തൂങ്ങിക്കിടന്നു യോവാപ് അവനെ കൊല്ലാനിടയായി ഈ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ അബ്ശാലും എന്തിനെ പ്രധാനം ചെയ്യുന്നു അബ്ശാലും സ്വയപ്രശംസയുടെ ഒരാളാണ് സ്വന്തം സൗന്ദര്യത്തിൽ താനൊരു മിടുക്കനാണ് എന്നുള്ള നിലയിൽ സ്വയം നികളിക്കുന്ന ഒരുവനായിട്ട് സ്വയത്തിൻ്റെ ഒരു ഞാപക സ്തംഭമാണ് അവൻ ആ താഴ്വരയിൽ രാജാവിൻ താഴ്വരയിൽ സ്ഥാപിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കുക ഈ രാജ താഴ്വര താഴ്വര രണ്ട് നിലയിൽ രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഒന്നാമത് അബ്രഹാമിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം താന് തൻ്റെ അത്യുന്നതനായ ദൈവത്താൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കി അത്യുന്നതനായ ദൈവം തന്നെ തൻ്റെ അവകാശവും അതിമഹത്തായ അവകാശവും പരിചയമാണ് എന്ന് മനസ്സിലാക്കി ഈ ലോകത്തിലെ ദ്രവ്യത്തിൽ ജാതീയ രാജാവിൻ്റെ സമ്പത്തിൽ താല്പര്യം കാണിക്കാതെ അത് വിട്ടുകൊടുത്ത് ഔദാര്യമായിട്ട് പെരുമാറുന്നു ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓ സ്വയത്തിലുള്ള ഒരു പ്രശംസ അതിൻ്റെ ഒരു സ്തൂപം അതിൻ്റെ ഒരു ജ്ഞാപകസ്തംഭം നാട്ടിയ ഒരു സ്ഥലമാണ് ഈശാവെ തഴ്വര പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തരുന്ന സന്ദേശം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മളൊക്കെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവസഭയിലെ ജീവിക്കുന്നവരാണ് എന്നാൽ പോകെ പോകെ മുന്നോട്ടു പോകും തോറും നമ്മുടെ ആത്മാവിൽ കർത്താവിന് കൊടുത്തിരിക്കുന്ന ആ അതുല്യമായ സ്ഥാനം വേറെ എന്തെങ്കിലും അപഹരിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ശാവേത്താഴ്വര എന്ന് കാണാൻ കഴിയും ഷാവേത്താഴ്വര നമ്മൾ ചിന്തിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾക്കെതിരെയെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നു ഒന്നെന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തിനെതിരെയുള്ള മുന്നറിയിപ്പാണ് രണ്ട് എന്ന് പറയുന്നത് സ്വയത്തിനെതിരെയുള്ള മുന്നറിയിപ്പാണ് നമ്മൾ നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ കർത്താവിനാണ് ഒന്നാം സ്ഥാനം നൽകി കർത്താവിനെയാണ് സിംഹാസനസ്ഥനായിട്ട് വാഴിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ ജാഗരൂകരല്ലെങ്കിൽ ഈ ലോകത്ത് വർഷങ്ങൾ ജീവിക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ സിംഹാസനം ദ്രവ്യം ദ്രവ്യാഗ്രഹം കൈയടക്കാം അല്ലെങ്കിൽ സ്വയപ്രശംസ സ്വയം ആ നിലയിലുള്ള നികളങ്ങള് നമ്മെ തന്നെ നമ്മുടെ ഒരു രാജാവായിട്ട് കണ്ട് നമ്മുടെ ദൈവം നമ്മൾ തന്നെ എന്നുള്ള നിലയിൽ അങ്ങനെ നമ്മുടെ സ്വയം ആ സിംഹാസനം കൈയടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യത്തിനെതിരെയും മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ശാവേ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കഴിഞ്ഞൊരു ദിവസം നമ്മളെ ദൈവജനത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചും നമ്മുടെ സ്വയം നമുക്ക് ഒരു വിഗ്രഹമായി തീരുന്നതിനെ ഒക്കെ നമ്മൾ ഗേഹസിയുടെയും ഏലിശയുടെയും അതുപോലെ തന്നെ ഇസ്കരിയോ തയൂതയുടെയും പത്രോസിൻ്റെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങളെടുത്ത് വിശദമായിട്ട് ചിന്തിച്ചു എന്താ നമ്മൾ കണ്ടത് ഏലിശ ദ്രവ്യാഗ്രഹത്തെ ജയിച്ചു പക്ഷേ ഗേഹസിക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല പത്രോസ് ദ്രവ്യാഗ്രഹത്തെയും ജയിച്ചു തൻ്റെ സ്വയം തനിക്കൊരു വിഗ്രഹമായി തീരുന്നതിന് ഉള്ള പരീക്ഷയെയും പത്രോസ് ജയിച്ചു പത്രോസിനെ കർത്താവ് വളരെ കർശനമായിട്ട് എല്ലാവരുടെയും മുമ്പാകെ ശാസിച്ചു പക്ഷേ പത്രോസ് അതിൻ്റെ മുമ്പാകെ ഇടറിപ്പോയില്ല താൻ വളരെ എളിമയോടെ നിന്നു എന്നാൽ ഇതേ സമയം ഇസ്കരിയോത്ത യൂതയോ ഇസ്കരിയോത്താരു യൂത ദ്രവ്യാഗ്രഹം എന്ന കെണിയിൽ വീണു തൻ്റെ ഗുരുവിനെ അവസാനം മുപ്പത് വെള്ളിക്കാശിനു കൊടുക്കുന്ന രംഗം വരെ ആ ദ്രവ്യാഗ്രഹം അവനെ നയിച്ചു അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഇസ്കരിയോത്ത ഒരു ചെറിയ കാര്യത്തിന് വളരെ ലഘുവായ നിലയിൽ ഒരു തിരുത്തല് നൽകിയപ്പോൾ അവൻ അതിലിടറി അന്ന് തന്നെ പോയി പരീശന്മാരോട് എഗ്രിമെൻ്റ് ചെയ്ത് കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഉള്ള ക്രമീകരണം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ രാത്രിയിൽ വളരെ വിശദമായിട്ട് ചിന്തിച്ചതാണ് പ്രിയപ്പെട്ടവര് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ശാവേത്താഴ്വരയുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ദ്രവ്യാഗ്രഹം അത് അതിനെ അബ്രഹാം ജയിച്ചത് നമ്മളെ കണ്ടു രണ്ട് സ്വയം സ്വയം ഒരു വിഗ്രഹമായി നിൽക്കുന്നത് അത് അബ്ശാലോമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അബ്ശാലോം അതിനെ ജയിക്കാതെ താൻ തന്നെ തനിക്കൊരു വിഗ്രഹമായി ആ താഴ്വരയിൽ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ രണ്ട് ശമുഖിൽ പതിനെട്ടിൻ്റെ പതിനെട്ടിൽ നിന്ന് ചിന്തിച്ചു നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പലരും ലോകത്തിലെ വിശ്വാസികളായി എന്ന് പേരുള്ള പലരും ചിലപ്പോഴും പറയാറുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദ്രവ്യാഗ്രഹമൊക്കെ വരുന്നത് പണത്തോടുള്ള സ്നേഹമൊക്കെ വരുന്നതും നമ്മെ തന്നെ നമ്മൾ ഉയർത്തി കാട്ടുന്നതുമൊക്കെ വലിയൊരു പ്രശ്നമാണോ അത് വേണ്ടതല്ലേ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമല്ലേ നമ്മുടെ അസ്തിത്വം അതിലൂടെയൊക്കെയല്ലേ നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്നൊക്കെ പലരും ചിന്തിച്ച് ചില ചിലർ ചോദിക്കുകയും ചിലർ അത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവവചനം ഈ നിലയിൽ ദ്രവ്യാഗ്രഹത്തെ വലിയ ഒരു കുറ്റമായിട്ട് കാണുന്നത് അത് നമ്മൾ എഫ് എസിർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ ദ്രവ്യാഗ്രഹിയെ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എഫ് എസർ അഞ്ചിൻ്റെ അഞ്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കൊലോസിയർ മൂന്നിൻ്റെ അഞ്ചിലും വിഗ്രഹാരാധനയായ അത്യാഗ്രഹം അപ്പോൾ നോക്കുക ദ്രവ്യാഗ്രഹം അത്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരാള് ദൈവത്തെ അറിയുന്ന ഒരാൾ ദൈവത്തെ വിട്ടുപോയി ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഒരു ജാതികളുടെ ഒരു വിഗ്രഹത്തിന് മുമ്പാകെ മുട്ടുകുത്തി അതിനെ നമസ്കരിച്ചു അതിനെ ആരാധിച്ചു എന്ന് കേട്ടാൽ അയാൾ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി എന്ന് നമ്മളെല്ലാവരും ഉറപ്പാക്കും എന്നാൽ ഇവിടെ ഇതാ അതുപോലൊരു വിഗ്രഹാരാധനയാണ് അത്യാഗ്രഹം വിഗ്രഹാരാധനയാണ് ദ്രവ്യാഗ്രഹം എന്നാണ് എഫ് എസിയർ അഞ്ചിന്റെ അഞ്ചിൽ നിന്നും കൊലോസിയർ മൂന്നിന്റെ അഞ്ചിൽ നിന്നും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവര് നമ്മള് ഇന്ന് ഒരു പോർക്കളത്തിലാണല്ലോ നിൽക്കുന്നത് നമ്മൾ കർത്താവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവ് നമ്മുടെ ആത്മാവിൽ താന് ആത്മാവിൽ വന്ന് ആ നിലയിൽ വാസം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കർത്താവിനെ അവിടെ നിന്ന് നിഷ്കാസിതനാക്കി അവിടെ നിന്ന് മാറ്റി ആ സ്ഥാനത്ത് മറ്റു വല്ലതിനെയും വിഗ്രഹമാണെന്ന് നമുക്ക് തോന്നുകയില്ല ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ സ്വയം ഇതിനെയൊക്കെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ ദൈവവചനം അതിനെ വിഗ്രഹാരാധന പോലെ വലിയൊരു പാപമായിട്ടാണ് കാണുന്നത് എന്ന കാര്യം കണ്ടെത്തുമ്പോഴാണ് ഇത് ഈ ശാവേത്താഴ് വരെ നമുക്ക് തരുന്ന രണ്ട് മുന്നറിയിപ്പുകളും വളരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറിക്കൊള്ളേണ്ടതാണല്ലോ വളരെ പ്രസക്തമാണല്ലോ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് കർത്താവിൻ്റെ കർത്താവിനെ ഈ ലോകത്ത് ആയിരുന്നപ്പോൾ പിശാജ് പരീക്ഷിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇന്നും നമുക്കെതിരെ പിശാജ് കൊണ്ടുവരുന്ന പരീക്ഷകളെ നമ്മൾ വായിക്കാറുണ്ട് അത് ജഡം ലോകം പിശാജ് ഈ നിലയിലുള്ള മൂന്ന് തന്ത്രങ്ങളാണല്ലോ അവൻ കൊണ്ടുവരുന്നത് ജഡത്തിൻ്റെ ജഡീകമായ ലൈംഗികമായ മോഹങ്ങൾ ഈ ലോകത്ത് അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങള് ഈ ജഡീകമായ ഇച്ഛകള് പലപ്പോഴും നമ്മുടെ ദേഹത്തെ ആണ് ഉന്നം വയ്ക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങള് നമ്മുടെ ദേഹിയെയാണ് ഉന്നം വയ്ക്കുന്നത് എന്നാൽ പിശാജ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെതിരെ നമ്മുടെ ആത്മാവിൻ്റെ പ്രതിയോഗിയാണ് പിശാജ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് പിശാജ് വന്നപ്പോഴും ഈ മൂന്ന് തന്ത്രങ്ങൾ അവൻ കൊണ്ടുവരുന്നു ഒന്ന് ഈ കല്ല് അപ്പമായി തീരുക ദൈവം ആഗ്രഹിക്കാത്ത നിലയിൽ തൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള പരീക്ഷ അത് ജഡീയമായ ആ നിലയിലുള്ള ഒരു പരീക്ഷയാണ് ലോകത്തിൻ്റെ ഈ ദൃശ്യങ്ങളെല്ലാം കൂടെ കാണിച്ച് ദേവാലയത്തിൻ്റെ അഗരത്തിൽ നിന്ന് ചാടി ലോകമനുഷ്യരുടെയൊക്കെ അംഗീകാരവും ബഹുമാനവും നേടാനുള്ള രണ്ടാമത്തെ പരീക്ഷ അത് ദേഹിയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മൂന്നാമത് പിശാജ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന പരീക്ഷ എന്താണ് നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ ലോകത്തിലുള്ളത് മുഴുവൻ നിനക്ക് തരാമെന്നുള്ളതാണ് അപ്പൊ വീണ് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ പിശാജ് ആത്മാവിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അതെന്ന് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ജഡല്ലോകം പിശാജ് എന്നുള്ള സാത്താൻ്റെ മൂന്ന് വിധമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ആത്മാവിനെതിരെ പോരാടുന്നത് പിശാചാണ് അവനാഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനം അവന് ലഭിക്കണം അവനത് കർത്താവിനോട് പോലും പറഞ്ഞു നീ വീണ് എന്നെ നമസ്കരിക്കുക വീണ് നമസ്കരിക്കുക ഒരു വിഗ്രഹാരാധിയായി മാറുക അപ്പൊ നോക്ക് അത് സംഭവിച്ചാൽ അത് ആത്മാവിൽ സംഭവിക്കുന്ന ഒരു കളങ്കമാണ് അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ രണ്ട് കുരിന്തേർ ഏഴാം അധ്യായം അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാനാണല്ലോ അവിടെ പറയുന്നത് ജഡത്തിലെ കന്മഷത്തേക്കാൾ ഒരു പടിയുടെ ഒരു പക്ഷേ ആത്മാവിലെ അത് കൂടുതൽ ഗൗരവമുള്ളതായിരിക്കാം ജഡത്തിലെ കന്മഷവും ഗൗരവുള്ളതാണ് എന്നാൽ ആൽമാവിലെ കന്മഷം വീണ് നമസ്കരിക്കുന്നത് ഒരു വിഗ്രഹാരാധന ദൈവത്തിന്റെ സ്ഥാനം മറ്റൊന്നിന് കൊടുക്കുന്നത് അത് വലിയൊരു ആത്മാവിലെ കന്മഷമാണ് ഇങ്ങനെ ഒരു കന്മേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയിലേക്കാണ് ശാവേത്താഴ്വര വരൽ ചൂണ്ടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് കാര്യമാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ടു ഒന്ന് ദ്രവ്യാഗ്രഹം ദ്രവ്യാഗ്രഹം ആ നിലയിൽ ഒരു വിഗ്രഹമായി മാറാം ഇതിനെക്കുറിച്ച് മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായത്തിൽ ഈ കാര്യം കർത്താവ് തന്നെ പറഞ്ഞപ്പം ശിഷ്യന്മാരെ അത്ഭുതപ്പെട്ടു പോയി മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണെങ്കിൽ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്നവർ ചോദിക്കുന്നു എന്നാൽ അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പത്തിന്റെ ഇരുപത്തിനാലിൽ കർത്താവ് അതിന് മറുപടി പറയുന്നു മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം അപ്പോൾ സമ്പത്തുള്ളതല്ല പ്രശ്നം പക്ഷെ സമ്പത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അതാണ് പ്രശ്നം നമുക്കൊരു സ്വയം ഉള്ളതല്ല പ്രശ്നം പക്ഷെ സ്വയത്തെ നമ്മൾ അതിനെ സിംഹാസനത്തിൽ ഇരുത്തിയാൽ അതാണ് പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളാണ് വിഗ്രഹാരാധനയായിട്ട് മാറുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കാം നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ വിരുദ് തെറ്റിക്കാനായിട്ട് നമ്മൾ കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒന്നാം സ്ഥാനം അപഹരിക്കാനായിട്ട് മെല്ലെ മെല്ലെ പിശാചി ദ്രവ്യത്തെ കൊണ്ടുവരാം സ്വയത്തെ കൊണ്ടുവരാം അതിനെതിരെ നമുക്ക് ജാഗ്രത പാലിക്കാം ഈ നമ്മൾ ചിന്തിച്ച ആ താഴ്വരയോടുള്ള ബന്ധത്തിൽ അബ്രഹാം ജയിച്ചു എന്നാൽ അബ്ശാലും തോറ്റുപോയി ഇതെല്ലാം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ആയിരിക്കട്ടെ നമ്മളവിടെ അബ്രഹാം ആ സോതോൻ രാജാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ലോത്തിനെയും ലോത്തിനുള്ളതിനേയും അടക്കി കൊണ്ടുവന്ന അതേ സ്ഥലത്ത് അവനെയും വിട്ടിട്ട് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്നാൽ ലോത്തിൻ്റെ കാര്യത്തിലും അവനെയും നയിച്ചത് അവനെയും നഷ്ടപ്പെടുത്തി കളഞ്ഞത് ദ്രവ്യാഗ്രഹമാണെന്ന് കാണാൻ കഴിയും ലോത്ത് സോതോം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ നീരോട്ടമുള്ള സ്ഥലമാണെന്ന് നോക്കി തനികേ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് അബ്രഹാമിനെ വിട്ട് സോദോമിലേക്ക് പോയത് പക്ഷേ ഈ സോദോമും സിദ്ധിയും താഴ്വരയും ഒക്കെ പിന്നീട് ചാവുകടലിൻ്റെ ഭാഗമായി തീർന്നു ഡട്സി ഇന്നും ഭൂമിയുടെ മധ്യഭാഗത്ത് ആളുകൾക്ക് ഏർ പോലും വേണ്ട മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് ചാവുകടൽ കിടക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഒരു ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിട്ട് ചാവുകടല് കിടക്കുന്നു ആ ചാവുകടൽ സത്യത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ ലോത്തിൻ്റെ ദ്രവ്യാഗ്രഹത്തിനെതിരെയും ഉള്ള ഒരു ന്യായവിധിയായിട്ടാണ് ആ ചാവുകടൽ കിടക്കുന്നത് നമുക്ക് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പാഠമെടുക്കാം നമുക്ക് ഈ ചാവേ താഴ്വര രാജ രണ്ട് കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നു നമ്മൾ ദൈവമക്കളാണ് ദൈവത്തിനായിട്ട് ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഹൃദയസിംഹാസനം ്രവ്യാഗ്രഹം കരസ്ഥമാക്കിയാൽ നമ്മൾ വിഗ്രഹാരാധിയായിപ്പോയി നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ സ്വയം നമുക്കൊരു വിഗ്രഹമായി മാറാം ഇങ്ങനെയൊക്കെ വന്നാൽ ദൈവജനം നമ്മളെ വിഗ്രഹാരാധികളെന്നാണ് വിളിക്കുന്നത് ആത്മാവിലെ കന്മേഷമാണത് നമ്മുടെ ജഡത്തിലെ കന്മേഷം മാത്രമല്ല ആത്മാവിലെ കന്മേഷവും ദൈവഭയത്തിൽ മാറ്റി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാനാണ് നമുക്കുള്ള ആഹ്വാനം അതുകൊണ്ട് ഈ ശാവേ താഴ്വരെ നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം നമ്മളായിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവിന് നമ്മൾ ഒരിക്കൽ കൊടുത്തിരുന്ന ഒന്നാം സ്ഥാനം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പിശാജ് ഏതെങ്കിലും വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കർത്താവിനോട് കൂടുതൽ അടുത്തു വരാൻ കർത്താവിനെ ആ ഹൃദയ സിംഹാസനത്തിൽ തന്നെ സിംഹാസനസ്ഥനായിട്ട് വാഴിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയ പരിശോധനയ്ക്കായിട്ട് ഈ സമയങ്ങളെടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ